അധ്യായം ഇസ്രയേൽ എന്ന പേർ വിളിക്കപ്പെട്ടവരും യഹൂദയുടെ വെള്ളത്തിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നവരും യഹോബയുടെ നാമത്തിൽ സത്യം ചെയ്യുന്നവരും സത്യത്തോടും നീതിയോടും കൂടെ അല്ലെങ്കിലും ഇസ്രയേലിന്റെ ദൈവത്തെ കീർത്തിക്കുന്നവരും ആയ യാക്കോപഗ്രഹമേ ഇത് കേട്ടുകൊള്ളി അവർ തങ്ങളെ തന്നെ വിശുദ്ധ നഗരമെന്ന് വിളിച്ച് ഇസ്രയേലിന്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നുവല്ലോ അവന്റെ നാമം സൈന്യങ്ങളുടെ ഹോവ എന്നാകുന്നു പൂർവ്വകാര്യങ്ങളെ ഞാൻ പണ്ടുതന്നെ പ്രസ്താവിച്ചു അവ എന്റെ വയൽ നിന്ന് പുറപ്പെട്ടു ഞാൻ അവയെ കേൾപ്പിച്ചു പെട്ടെന്ന് ഞാൻ പ്രവർത്തിച്ചു അവ സംഭവിച്ചിരിക്കുന്നു നീ കഠിനനെന്നും നിന്റെ കഴുത്ത് ഇരുമ്പു ഞരമ്പുള്ളതെന്നും നിന്റെ നെറ്റി താമ്രമെന്നും ഞാൻ അറിയുക ഞാൻ പണ്ട് തന്നെ നിന്നോട് പ്രസ്താവിച്ചു എന്റെ വിഗ്രഹം അവയെ ചെയ്തു എന്നും എന്റെ വിഗ്രഹവും പിമ്പവും അവയെ കൽപ്പിച്ചു എന്നും നീ പറയാതെ ഇരിക്കേണ്ടതിന് അവ സംഭവിക്കും മുമ്പേ ഞാൻ നിന്നെ കേൾപ്പിച്ചുമിരിക്കുന്നു നീ കേട്ടിട്ടുണ്ട് ഇപ്പോൾ എല്ലാം കണ്ടുകൊള്ള നിങ്ങൾ തന്നെ അത് പ്രസ്താവിക്കയില്ലയോ ഇന്നുമുതൽ ഞാൻ പുതിയത് നീ അറിയാതെ മറഞ്ഞിരിക്കുന്നത് തന്നെ നിന്നെ കേൾപ്പിക്കുന്നു ഞാനറിഞ്ഞുവല്ലോ എന്ന് നീ പറയാതെ ഇരിക്കേണ്ടതിന് അത് പണ്ടല്ല ഇപ്പോൾ തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഇന്നേ ദിവസത്തിന് മുമ്പ് നീ അതിനെക്കുറിച്ച് ഒന്നും കേട്ടിട്ടില്ല നീ കേൾക്കയോ അറിയുകയോ നിന്റെ ചെവി അന്ന് തുറക്കപ്പെടുകയോ ചെയ്തിട്ടില്ല നീ വളരെ ദ്രോഹം ചെയ്തു ഗർഭം മുതൽ വിശ്വാസവഞ്ചകനെന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു എന്റെ നാമ ഞാൻ എന്റെ കോപത്തെ താമസിപ്പിക്കുന്നു നിന്നെ സംഹരിക്കേണ്ടതിന് എന്റെ സ്തുതിനിമിത്തം ഞാൻ അടങ്ങിയിരിക്കുന്നു ഇതാ ഞാൻ നിന്നെ ഊതിക്കഴിച്ചിരിക്കുന്നു വെള്ളിയെപ്പോലെ അല്ല താനും ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിലാകുന്നു ശോധന കഴിച്ചത് എന്റെ നിമിത്തം എന്റെ നിമിത്തം തന്നെ ഞാൻ അത് ചെയ്യും എന്റെ നാമം അശുദ്ധമായിത്തീരുന്നത് എങ്ങനെ ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും കൊടുക്കയില്ല യാക്കോബെ ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രയേലെ എന്റെ വാക്കു കേൾക്ക ഞാൻ അനന്യൻ ഞാൻ ആദ്യനും ഞാൻ അന്ത്യനുമാകുന്നു എന്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു എന്റെ വലം ആകാശത്തെ വിരിച്ചു ഞാൻ വിളിക്കുമ്പോൾ അവയൊക്കെയും ഉളവായി വരുന്നു നിങ്ങളെല്ലാവരും കൂടി വന്ന് കേട്ടുകൊള്ളുവീൻ അവരിൽ ആർ ഇത് പ്രസ്താവിച്ചു യഹോവ സ്നേഹിക്കുന്നവൻ പാബേലിനോട് അവന്റെ ഹിതവും കൽതയരോട് അവന്റെ ഭുജബലവും അനുഷ്ഠിക്കും ഞാൻ ഞാൻ തന്നെ പ്രസ്താവിക്കുന്നു ഞാൻ അവനെ വിളിച്ചു വരുത്തിയിരിക്കുന്നു അവന്റെ വഴി സാധ്യമാകും നിങ്ങൾ അടുത്തുവന്ന് ഇത് കേൾപ്പീൻ ഞാൻ ആദ്യം മുതൽ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ളത് അതിന്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെ ഉണ്ട് ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെയും ഐശ്വരിക്കുന്നു ഇസ്രയേലിന്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ ഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടെന്ന നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ ഹോവ ഞാൻ തന്നെ അയ്യോ നീ എന്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു എന്നാൽ നിന്റെ സമാധാനം നദിപോലെയും നിന്റെ നീതി സമുദ്രത്തിലെ തെര പോലെയും ആകുമായിരുന്നു നിന്റെ സന്തതി മണൽ പോലെയും നിന്റെ ഗർഭഫലം മണൽത്തെരി ആകുമായിരുന്നു നിന്റെ പേർ എന്റെ മുമ്പിൽ നിന്ന് ഛേദിക്കപ്പെടുകയോ നശിച്ചു പോവുകയോ ബാബേലിൽ നിന്ന് പുറപ്പെടുവീൻ ഉല്ലാസഘോഷത്തോടെ കൽതേരെ വിട്ട് ഓടിപ്പോകുവീൻ ഇത് പ്രസ്താവിച്ചു കേൾപ്പിപ്പീൻ ഭൂമിയുടെ അറ്റത്തോളം ഇത് പ്രസിദ്ധമാക്കുവിൻ യഹോവ തന്റെ ദാസനായ യാക്കോബിനെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് പറവീൻ അവനവരെ ശൂന്യപ്രദേശങ്ങളിൽ കൂടി നടത്തിയപ്പോൾ അവർക്ക് ദാഹിച്ചില്ല അവനവർക്കു വേണ്ടി പാറയിൽ നിന്ന് വെള്ളം ഒഴുക്കുമാറാക്കി അവൻ പാറ പിളർന്നപ്പോൾ വെള്ളം ചാടി പുറപ്പെട്ടു ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു